പിശാജ് നിങ്ങൾക്ക് ദാരിദ്ര്യത്തെക്കുറിച്ച് ഭയപ്പെടുത്തുകയും നിങ്ങളോട് നീജവൃത്തികൾ ചെയ്യാൻ കൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാൽ അള്ളാഹു സുബഹാനഹുബത്ത ആല തന്റെ പാപമോചനവും ഔദ്ധാര്യവും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു അള്ളാഹുസുബെഹാനഹൂബത്ത് ആല വിശാലനുമെല്ലാം അറിയുന്നവനുമാണ്